അള്ളാഹുസ്ബാനഹുവറ്റാലയുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിച്ചവർ തീർച്ചയായും നഷ്ടത്തിലായിരിക്കുന്നു അപ്രതീക്ഷിതമായി ആ സമയം അവരുടെ അടുക്കൽ വന്നപ്പോൾ അവർ പറയും അവിടെ ഞങ്ങൾ വരുത്തിയ വീഴ്ചകളിൽ ഞങ്ങൾക്കെത്ര വലിയ ഖേദമായി അവരുടെ ഭാരങ്ങൾ അവർ തങ്ങളുടെ മുതുകുകളിൽ ചുമക്കുന്നുമുണ്ട് അവർ ചുമക്കുന്ന ഭാരം എത്ര മോശമായിരിക്കുന്നു